അള്ളാഹുസുബഹാനുഭൂവ ചായാലയെക്കുറിച്ച് കളവുകെട്ടുന്നവനേക്കാളോ അവൻറെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവനേക്കാളോ വലിയ അക്രമി മറ്റാരുണ്ട് അവർക്ക് നിശ്ചയിക്കപ്പെട്ട വിധി അവർക്ക് ലഭിക്കും അങ്ങനെ നമ്മുടെ ദൂതന്മാർ അവരുടെ ജീവനെടുക്കാൻ വന്നാൽ അവർ ചോദിക്കും അള്ളാഹുസുബഹാനുഭൂവ ചായാലയക്കൂടാതെ നിങ്ങൾ ആരെയാണ് വിളിച്ചിരുന്നത് അവർ പറയും അവർ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർ തങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുകയും